അവർ പറയും നമുക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുകയും ഭൂമി നമുക്കവകാശപ്പെടുത്തി തരികയും ചെയ്ത അള്ളാഹുസുബാനുഭവത്ത് ആയാലിന് സർവ്വസ്തുതിയും സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഞങ്ങൾ വസിക്കും സൽക്കർമ്മം ചെയ്തവർക്ക് എത്ര നല്ല പ്രതിഫലമാണിത്